യഹോവയുടെ ആലയവും തന്റെ അരമനയും ഇരുപത് സംവത്സരം കൊണ്ട് പണിതശേഷം ഹൂരാം ശലോമോനുകൊടുത്ത പട്ടണങ്ങളെ ശലോമോൻ പണിതുറപ്പിച്ച് അവിടെ ഇസ്രയേലരെ പാർപ്പിച്ചു അനന്തരം ഷലോമോൻ ഹമാത് സോബയിലേക്ക് പോയി അതിനെ ജയിച്ചു അവൻ മരുഭൂമിയിൽ തത്മൂരും ഹമാത്തിൽ അവൻ പണിതിരുന്ന സംഭാര നഗരങ്ങളുമെല്ലാം ഉറപ്പിച്ചു അവൻ മേലത്തെ ബെഥോരോനും താഴത്തെ ബെഥോരോനും മതിലുകളോടും വാതിലുകളോടും ഓടാമ്പലുകളോടും കൂടിയ ഉറപ്പുള്ള പട്ടണങ്ങളായും ബാലാത്തും ശലോമനുണ്ടായിരുന്ന സകല സംഭാര നഗരങ്ങളും സകലരഥനഗരങ്ങളും കുതിരച്ചേവർക്കുള്ള പട്ടണങ്ങളും യരുഷലേമിലും ലബാനോനിലും തന്റെ രാജ്യത്തെല്ലായിടവും പണിവാൻ ഷലോമോൻ ആഗ്രഹിച്ചതൊക്കെയും പണിതൂ ഹിത്യർ അമോര്യർ പെരിസ്യർ ഹിവ്യർ യബൂസ്യർ എന്നിങ്ങനെ ഇസ്രയേലിൽ ഉൾപ്പെടാത്ത ശേഷിപ്പുള്ള സകലജനത്തെയും ഇസ്രയേല്യർ സംഹരിക്കാതെ പിന്നീടും ദേശത്ത് ശേഷിച്ചിരുന്ന അവരുടെ മക്കളെയും ഷലോമോൻ ഇന്നുവരെയും ഇസ്രയേലിൽ നിന്നോ ഷലോമോൻ ആരെയും തന്റെ വേലയ്ക്ക് ദാസന്മാരാക്കിയില്ല അവർ യോദ്ധാക്കളും അവന്റെ സേനാനായക ശ്രേഷ്ഠന്മാരും രഥങ്ങൾക്കും കുതിരച്ഛേവകർക്കും അധിപന്മാരും ആയിരുന്നു ഷലോമോൻ രാജാവിന്റെ പ്രധാന ഉദ്യോഗസ്ഥന്മാരും ജനത്തിന്റെ മേൽവിചാരകന്മാരുമായ ഇവർ ഇരുന്നൂറ്റമ്പത് പേർ ആയിരുന്നു ഷലോമോൻ ഫറവോന്റെ മകളെ ദാവീദിന്റെ നഗരത്തിൽ നിന്ന് താൻ അവൾക്കുവേണ്ടി പണിത അരമനയിൽ കൊണ്ടുപോയി പാർപ്പിച്ചു ഇസ്രയേൽ രാജാവായ ദാവീദിന്റെ അരമനയിൽ എന്റെ ഭാര്യ പാർക്കരുത് യഹോവിയുടെ പെട്ടകം അവിടെ വന്നിരിക്കിയാൽ അത് വിശുദ്ധമല്ലോ എന്നവൻ പറഞ്ഞു ഷലോമോൻ താൻ മണ്ഡപത്തിന് മുമ്പിൽ പണിത യഹോവയുടെ യാഗപീഠത്തിന്മേൽ അതത് ദിവസത്തേക്ക് വേണ്ടിയിരുന്നത് പോലെ മോശയുടെ കൽപ്പനപ്രകാരം ശബത്തുകളിലും അമാവാസികളിലും ഉത്സവങ്ങളിലും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവത്തിൽ വാരോത്സവത്തിൽ കൂടാരങ്ങളുടെ ഉത്സവത്തിൽ ഇങ്ങനെ ആണ്ടിൽ മൂന്ന് പ്രാവശ്യവും യഹോവയ്ക്ക് ഹോമയാഗങ്ങളെ കഴിച്ചുപോന്നു അവൻ തന്റെ അപ്പനായ ദാവീദിന്റെ നിയമപ്രകാരം പുരോഹിതന്മാരുടെ കൂറുകളെ അവരുടെ ശുശ്രൂഷയ്ക്കും അതത് ദിവസം വേണ്ടിയിരുന്നത് പോലെ സ്തോത്രം ചെയ്യുവാനും പുരോഹിതന്മാരുടെ മുമ്പിൽ ശുശ്രൂഷിപ്പാനും ലേവ്യരെ അവരുടെ പ്രവർത്തികൾക്കും വാതിൽക്കാവൽക്കാരെ അവരുടെ കൂറുകൾക്കും ഒത്തവണ്ണം അതത് വാതിലിനും നിയമിച്ചു ഇങ്ങനെയായിരുന്നു ദൈവപുരുഷനായ ദാവീദിന്റെ കൽപ്പന യാതൊരു കാര്യത്തിലും ഭണ്ണാരത്തെ സംബന്ധിച്ചും പുരോഹിതന്മാരോടും ലേവ്യരോടുമുണ്ടായ രാജകൽപ്പന അവർ വിട്ടുമാറിയില്ല യഹോവയുടെ ആലയത്തിന് അടിസ്ഥാനമിട്ട നാൾ മുതൽ അത് തീരും വരെ ശലോമോന്റെ പ്രവൃത്തിയൊക്കെയും സാധ്യമായി വന്നു അങ്ങനെ യഹോവയുടെ ആലയം പണിത് തീർന്നു ആ കാലത്തും ശലോമോൻ ഏതോം ദേശത്ത് കടൽക്കരയിലുള്ള എസ്യോൻ ഗേബറിലേക്കും ഏലോത്തിലേക്കും പോയി കൂരാം തന്റെ ദാസന്മാർ മുഖാന്തരം കപ്പലുകളെയും സമുദ്ര പരിചയമുള്ള അവന്റെ അടുക്കൽ അയച്ചു അവർ ഷലോമോന്റെ ദാസന്മാരോടുകൂടെ ഓഫീസിലേക്ക് ചെന്ന് നാനൂറ്റമ്പത് താലന്ത് പൊന്നുവാങ്ങി ഷലോമോൻ രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്നു